മദ്യനിലേക്ക് അവരുടെ സഹോദരനായ ഷോയിബ് അലിഹിസ്സലാമിനെ ഞങ്ങൾ അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ നിങ്ങൾ അള്ളാഹു സുബാനവത്തലാവിനെ ആരാധിക്കുക പരലോക ദിനത്തെക്കുറിച്ച് പ്രതീക്ഷ ഭൂമിയിൽ നാശമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ കുഴപ്പങ്ങൾ